അവർ പറയും ഇവ നിഷിദ്ധമായ കന്നുകാലികളും കൃഷികളുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നവർക്കല്ലാതെ ഇവ ഭക്ഷിക്കാൻ പാടില്ല എന്ന് അവർ അവകാശപ്പെടുന്നു ചില കന്നുകാലികളുടെ പുറത്ത് സവാരി ചെയ്യുന്നത് അവർ നിഷിദ്ധമാക്കി മറ്റു ചില കന്നുകാലികളുടെ മേൽ അല്ലാഹുവിന്റെ നാമം അവർ സ്മരിക്കുന്നില്ല അല്ലാഹുവിനെതിരെ അവർ കെട്ടിച്ചമച്ചതാണിത് അവർ കെട്ടിച്ചമച്ചതിന് അവൻ അവർക്ക് പ്രതിഫലം നൽകും